അള്ളാഹു സുബാനഹുവ ഛായാലായുടെ മാർഗത്തിലും ഞങ്ങളുടെ രക്ഷിതാവേ ജനങ്ങൾ അക്രമികളായ ഈ പട്ടണത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരേണമേ നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കൊരു സംരക്ഷകനെയും സഹായിയേയും നൽകേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദുർബലരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്